സഖ്യകക്ഷികൾ മടങ്ങിപ്പോയിട്ടില്ലെന്ന് അവർ കരുതുന്നു സഖ്യകക്ഷികൾ വീണ്ടും വന്നാൽ നിങ്ങളുടെ വാർത്തകൾ അന്വേഷിച്ചുകൊണ്ട് അവർ ഗ്രാമവാസികൾക്കിടയിൽ കഴിയാൻ ആഗ്രഹിക്കും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ കുറച്ചു മാത്രമേ യുദ്ധം ചെയ്യുമായിരുന്നുള്ളൂ